കബടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും മദീനയിൽ ഭീതി പരത്തുന്നവരും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും നാം അവരെ താങ്കൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് പിന്നീട് വളരെ കുറച്ചു സമയം മാത്രമേ അവർ അവിടെ താങ്കൾക്കൊപ്പം താമസിക്കുകയുള്ളൂ